അനാദിഭാവൂപം യത്ത് വിജ്ഞാന തദ്ജ്ഞാനം പ്രജ്ഞാ ലക്ഷണം അജ്ഞാനത്തിൻ്റെ ലക്ഷണം പറയും അനാദിഭാവത്തെ സതി ജാനം അതാണ് അനദിഭാവേ സതി ജാന നിവൃത്തി വിജ്ഞാനം അജ്ഞാനമേഹമ്യജ്ഞാ അനുഗമാ സർവജ്ഞാനങ്ങളും അജ്ഞാനം ഏതായാലും ശരി എല്ലാ ജ്ഞാനത്തിലും എന്തുവരുന്നു അനാദിത്വം ഭാവത്വം ജ്ഞാനനിവർത്തിവം മൂന്നുമുണ്ടെന്നാണ് ഏതജ്ഞാനത്തെടുത്താലും ശരി അതുകൊണ്ട് അഭ്യാപ്തി പറയാൻ പറ്റത്തില്ല ഇതിപ്പോ അതിനി വിശദീകരിക്കും നാപ്പ്യതിവ്യാപ്തി അതിവ്യാപ്തിയും പറയാൻ കഴിയത്തില്ല അനാദിർഭാവത്മനോ നിവൃത്യത്വഭാവേന ജ്ഞാന നിവൃത്തിയത്വസ്യപ്യഭാവം അപ്പൊ ഇത് ഈ ലക്ഷണത്തിപ്രയാം അനാദി ഭാവത്വം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന് പോകും പക്ഷെ പോകത്തില്ല എന്നുകൊണ്ട് ജ്ഞാനനിവൃത്തിയം എന്ന് പറഞ്ഞാൽ ആത്മാവ് നിത്യമാണ് ജ്ഞാനനിവൃത്തി അല്ല അതുകൊണ്ട് അതിവ്യാപ്തിയും നാട്ടി അതിവ്യാപ്തിഹി അസ്മിൻ ലക്ഷണേ അതിവ്യാപ്തി ദോഷവും നീ അനദേർ ആത്മനോ നിവർത്തിഭാവേന അനദിഭാവത്മന നിറ നിവർത്തി അതേ ലക്ഷണസമന്വു ഇതാണ് അനാദിയൊരു ഭാവശ്യാത്മനോ നിവർത്തിയത്വഭാവന അനാദി അനാദിയായ ഭാവരൂപത്തിലുള്ള ആത്മാവിനും നിവർത്തിയത്വം ഇല്ല അതുകൊണ്ട് ജ്ഞാനനിവർത്തിയത്വഭാവ ആത്മന നിത്യത്വ തത്ത് നിവർത്തിവം നാശ്യം നാശ്യത്വം എന്ന ജ്ഞാന നിവൃത്തിത്വം അവിടെ ഇല്ല എന്നർത്ഥം തദ്ശ്യ പരമാണോ തദ്ധതശാമത്വാദേശസ്വരൂപത്തോ അനംഗീകൃത ദൂരദേവ അനാദിത്വ അനംഗീകാര പരമാണുവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പരമാണുവിനെ താർക്കികന്മാരുടെ പരമാണു പരിഭാഷ അത് അദ്വൈത സ്വീകരിക്കുന്നുണ്ട് പ്രധാനമായൊരു പറയുന്നത് പരമാണു നിരവയവമാണ് ഇവിടെ അദ്വൈതയെ സംബന്ധിച്ച് ആത്മാവല്ലാതെ ഒന്നും നിരവയമായി സ്വീകരിച്ചാൽ അത് നിത്യമായി സ്വീകരിക്കുന്നു അതുകൊണ്ട് പരമാണുവിനെ സ്വീകരിക്കുന്നില്ല പിന്നെ പിന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ് പ്രാചീന ആചാര്യന്മാരുടെ അഭിപ്രായമനുസരിച്ച് പരമാണുഗതമായ ശാമത്വ രൂപം അത് അനാദിയാണ് എന്നുകൊണ്ട് പരമാണു അനാദിയായതുകൊണ്ട് പിന്നെ ഭാവരൂപമാണ് രൂപം തന്നെ അതൊക്കെ ഭാവമാണ് ഈശ്വരൻ ഞാൻ നിവർത്തിയവുമാണ് എന്ന് പറഞ്ഞു ഇപ്പം ഞാനെന്നുവർത്തിത്വം വരും അവൻ വരെ ഇന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അംഗീകരിക്കാനേ കഴിയത്തില്ല അതിനെ നിദിരാകരിക്കും ദ്വിതീയ പരിച്ഛേദത്തിൽ അതിനെ ഖണ്ഡിക്കും അങ്ങനെ അനാദിയായി ഭാവരൂപത്തിൽ ഈശ്വരജ്ഞാന നിവൃത്തിയുമായ ഒരു പരമാണുഗതമായ രൂപം ഇല്ല അതുകൊണ്ട് പരമാണുഗതമായ സാമത്വത്തിൽ അതിവ്യാപ്തി എന്ന് പറയാനും കഴിയത്തില്ല അങ്ങനെയില്ല നേരത്തെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു ഒന്നന്യമായ പരമാണുഹോ പരമാണുവിനെ എന്താണ് അനങ്കീകൃതസ്യ അതിനീകരിക്കുന്നില്ല അതുകൊണ്ട് ദൂരദേവ അനാദിത്വ അതിന് അനാദിയായി സ്വീകരിക്കുന്നില്ല പിന്നെ ശ്യാമത്വാദേശം അതിനുള്ള ശ്യാമത്വാദികൾ സ്വരൂപത്വ അനംഗീകൃതസ്യ പരമാണുവിനെ കൂടെ പറഞ്ഞത് പരമാണുഗതമായ അനാദി ഭാവശാമത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് മാത്രമല്ല പരമാണുവിനെ തന്നെ അംഗീകരിക്കുന്നില്ല പരമാണുവിനെ അംഗീകരിക്കാത്തവർ പിന്നെങ്ങനെയാണ് പരമാണുവിൽ ഇരിക്കുന്ന അനാദിശാമത്വം അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞത് അതുകൊണ്ടാകുന്നു ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമില്ല ദൂരദേവ അനാദിത്വം അപചിക്കും നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ഞങ്ങൾക്കുണ്ടല്ലോ അത് കാണിച്ചു തരാം എപ്പോ ദ്വിതീയ പരിച്ഛേദത്തിൽ വരുമ്പോഴത്തേക്ക് ഫണ്ണിച്ച് കാണിച്ചു തരാം നിങ്ങൾക്കുമില്ല ഞങ്ങൾക്കുമില്ല എന്നുള്ളത് പരമാണു എന്ന് പറയുന്നത് താർക്കിക പരിഭാഷ ശരിയല്ല പരമാണുവിന്റെ സ്ഥാനത്ത് അദ്വൈതി എന്ത് പറയും തന്മാത്രകൾ അത് എന്താണ് ഏതസ്മാ ആത്മനാകാശംഭൂത ആകാശാദ്വായു വായുരഗ്നി അഗ്നി രാപ്പ ഈ ക്രമത്തിലുണ്ടായതാണ് നിങ്ങളീ പറയുന്ന പരമാണവും അതിൻ്റെ നിയമങ്ങളും ഒന്നും പരമാണു ദണുകം തൃണുകം ഞങ്ങൾ അംഗീകരിക്കുന്നു പാകം പീതുപാകവാദം പെഠരഭാഗവാദം ഇങ്ങനെയുള്ള സർവേ ഇടപാടുകളും അസ്വീകാര്യമാണ് ഞങ്ങൾക്ക് ആണ് പറയുന്നത് തദ്സ്യ പരമാണോഹോ ആത്മഭിന്നസ്യ പരമാണോഹോ തദ്ഗതശ്യാമത്വാദി പരമാണനിഷ്ഠ ശ്യാമത്വാദി ഗുണസ്യാതി സ്വൂപത് അനംഗീകൃത അദ്വൈതമത അനുസാരേണ തിരസ്കൃത ഖണ്ഡിതെയ അനദിത്തനംഗീകാരാ തനദിത്വം അസ്മാർ നിദ്ധം എന്നാരു പറയുന്നു അപ്പം അനാദിഭാവരൂപം അനാദിഭാവ ജ്ഞാന നിവർത്തി അവിടെ ഇല്ല ഇവിടെ എല്ലാം ഉത്പന്നമായതല്ലേ പിന്നെങ്ങനെ അനാദിയാവും നിങ്ങൾ പറയുന്ന രീതി എന്നുവെച്ചാൽ അസംഭവിത്വം അസംഭവിത്വം അപ്പൊ അവ്യാപ്തിയില്ല എല്ലാ അജ്ഞാനങ്ങളിലെയും ലക്ഷണം സമന്വയിക്കുന്നു എൻ്റെ ജ്ഞാനത്തിനും നിന്റെ ജ്ഞാനത്തിനും ഇന്നലത്തെ അജ്ഞാനത്തിനും ഇന്നത്തെ അജ്ഞാനത്തിനും എല്ലാ ജ്ഞാനത്തിനും ഇപ്പൊ അജ്ഞാനത്തിൽ ലക്ഷണം സമന്വയിക്കാതെ ഇരിക്കുന്നില്ല അതിവ്യാപ്തിയില്ല ഇനി മൂന്നാമത് വരുന്ന ഏതാണ് അസംഭവദോഷവും ലക്ഷണത്തിലില്ല എന്തുകൊണ്ട് ഈ അസംഭവദോഷം വരുന്നത് കാരണം ഇവിടെ താർക്കിയൊരു അനുമാനം നടത്തും വിവാദാസ്പദം അജ്ഞാനം പക്ഷം ന ജ്ഞാന നിവൃത്തിം സത്യം അനാദിത്വ സതി ഭാവത്വ ഹേതു യഥ ആത്മാ ടീയിലുണ്ട് ഞാൻ പറഞ്ഞ രൂപത്തില്ലായിരുന്നാലും അതിലൊന്ന് ഇങ്ങനെ ഒരു അനുമാനത്തെ എടുത്തോളൂ വിവാദാസ്പദമായ ജ്ഞാനം ന ജ്ഞാന നിവൃത്തിം ജ്ഞാന നിവൃത്തിയല്ല ആര് പറയുന്നു അതിനവർ പറയാനെന്താ കാരണം അനാദിത്വസതി ഭാവത്വ ഏത് യഥാത്മാ ആത്മാവിനും നോക്കുക ആത്മാ അനാദിയും ഭാവവുമാണോ ആണോ അപ്പോ ആത്മാവിൽ അനാദിത്വസതി ഭാവത്വ വർത്തമാനത്വ തത്ര ജ്ഞാനനിവർത്തിയത്വം നാസ്തി ആത്മാ ജ്ഞാന നിവർത്തിയമാണോ ഞാനും കൊണ്ട് നശിക്കൂ ഇവിടെ പറഞ്ഞെന്താണ് വിജ്ഞാനേന വിലീയതയെന്നാണ് പറഞ്ഞത് ആത്മാവ് അങ്ങനെ നശിക്കൂ ഇല്ല അപ്പോ ഹേതവും സാധ്യവും ദൃഷ്ടാന്തത്തിനുണ്ട് പക്ഷം എന്താണ് വിവാദ അധിഷ്ഠിതം അജ്ഞാനം അത് ഏതുകൊണ്ടാന്ന് നോക്കുക എന്താണ് അനാദിത്യേശ്വരി ഭാവത്വം ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നു അല്ലേ അപ്പോൾ എന്തുവരും ഞാന നിവർത്തിയത്വ അഭാവം സിദ്ധിക്കും പക്ഷത്തില് ഞാനെന്താ കാരണം ഇങ്ങനെ സംഭവിക്കാൻ കാരണം നിങ്ങളുടെ ഹേതുവിൽ ഭാവത്വം ചേർത്തുകൊണ്ടാണ് അനാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല അനാദിയായത് നിവർത്തിക്കാം ഉദാഹരണം പ്രാഗഭാവം പ്രാഗഭാവം അനാദിയാണ് നിവർത്തിക്കുന്നത് പക്ഷേ അനാദിഭാവം നിവർത്തിക്കണം അതും എന്തുകൊണ്ട് ഞാനും കൊണ്ട് നിവർത്തിക്കണം ഇനി അനാദിയായ അഭാവം ഞാനും കൊണ്ട് നിവർത്തിക്കൂ ആലോചിച്ച് പറയണം അനാദിയായ ഭാവം ജ്ഞാനം കൊണ്ട് നിവർത്തിക്കുമോ ആ ജ്ഞാനത്തിൻ്റെ പ്രാഗഭാവം ജ്ഞാനപ്രാഗഭാവ അനാദിത്വ അപ്പി തത്ര ജ്ഞാനനിവർത്തിവം അസ്വ ജാനപ്രഗഭാവ നിവർ അനദി ജാനവർം സംഭവത്യവ സതിാവാനവർം നരമാണു ആത്മ ആകാശ കാ ിത്യാദ നിവൃത്തിയം അല്ല ഇവിടെയൊന്നും ജ്ഞാന നിവൃത്തിയത്വം ഇല്ല അപ്പൊ ഭാവത്വം ഒന്ന് ഹേതു ചേർത്ത് കഴിഞ്ഞാൽ ഞാന നിവൃത്തിത്വം ശ്രദ്ധിക്കത്തില്ല അപ്പൊ ഇവിടെ ഹേതു അതാ പറഞ്ഞത് താർഗീം പറഞ്ഞു അനാദിത്യ സരി ഭാവം അനാദിത്യസരി ഭാവത്വം അങ്ങനെ വിവാദാസ്പദം അജ്ഞാനം എന്ന ജ്ഞാന നിവർത്തിയും അദ്ദേഹം ഇത് പറയൂ എന്തുകൊണ്ട് അനാദിത്യസതി ഭാവത്വ അനാദിയും ഭാവം ആയതുകൊണ്ട് ഭാവം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ജ്ഞാന നിവർത്തിക്കാനല്ലെന്ന് സാധ്യ സിദ്ധിച്ചത് അപ്പോ ഇനി അദ്വൈതി എന്താ പറയുന്നത് അജ്ഞാനം അതിന് ലക്ഷണം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു അനാദിത്യസതിഭാവത്വം അല്ലേ അദ്വൈതി ലക്ഷണം പറഞ്ഞപ്പോൾ അജ്ഞാനത്തിന് അനാദിത്യസതിഭാവത്വം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ഞാനും കൊണ്ട് നിവർത്തിക്കും അങ്ങനെ നിവർത്തിക്കുന്നില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഉള്ള അനാധിഭാവങ്ങളെല്ലാം ഞാനും കൊണ്ട് നിവർത്തിക്കണ്ടേ അജ്ഞാനം മാത്രം അങ്ങനെ നിവർത്തിക്കും ഇത് പറഞ്ഞപ്പോ അത് അദ്വൈതിക്ക് കൊണ്ടു അദ്വൈതി ആലോചിച്ചത് ശരിയാണല്ലോ അനാദിയും ഭാവുമായി കഴിഞ്ഞാൽ ഞാൻ നിവൃത്തി വയ്ക്കും എന്നാൽ പിന്നെ അഭാവം എന്ന് പറഞ്ഞാലോ അനാദി അഭാവം എന്ന് പറഞ്ഞാൽ അത് സിദ്ധാന്തമല്ല അപ്പോൾ അദ്വൈതി അവിടെ ഒരു ുദ്ധി പ്രയോഗിച്ച് അങ്ങനെയല്ല ഇന്ന ക്വനഷ്ട ബുദ്ധി എന്ന് പറയും ബുദ്ധിയല്ല മാർക്കറ്റി കിട്ടുന്ന ബുദ്ധിയല്ല പത്ത് ഇത് പറയുന്നു സാധാരണ ഭാവത്വം എന്ന് പറഞ്ഞാൽ എന്താണോ ഇതിപ്പോ ഭാവമാണ് ഭാവത്വം എന്ന് പറഞ്ഞാൽ വസ്തുത്വം എന്നാണ് അല്ലേ ഒരു വസ്തുവിനെയാണ് നമ്മൾ ഭാവം എന്ന് പറയുന്നത് ഇതവിടെ പറഞ്ഞു ഘടകം ആസ്തി കടാഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് വസ്തു ഉണ്ടവിടെ കടാഭാവിലെ വസ്തുല്ലോ അപ്പൊ ഭാവത്വം എന്ന് പറഞ്ഞാൽ വസ്തുത്വമാണ് അപ്പോ അനാദിത്വവും ഭാവത്വവും അജ്ഞാനത്തിൽ വരണം എന്നാൽ അത് വസ്തു ആകാനും പാടില്ല അതിനൊരു സൂത്രപ്പണി ചെയ്തെന്താണ് ഭാവത്വം എന്ന് പറഞ്ഞാൽ അഭാവവിലും മനസ്സിലായോ ാവത്വം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ സംബന്ധിച്ച് ഭാവത്വം എന്ന് പറയുമ്പോ അർത്ഥം എന്താണ് അഭാവവിലണം അഭാവവിലക്ഷണം എന്ന് വെച്ചാൽ ഭാവമാണോ അതല്ല അങ്ങനെ പറയരുത് എന്നാ അഭാവമാണ് അതും പിന്നെ എന്താണ് അത് അഭാവവിലണം ആ അത് ഇത് അജ്ഞാനത്തെ സംബന്ധിച്ചാണ് പറയുന്നത് അഹം അജ്ഞ എന്ന് ഒരാൾ അനുഭവിക്കുന്ന അജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ് ഈ അജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ അത് ഭാവമാണോ എന്ന് അല്ല ഭാവമാണെങ്കിൽ വസ്തുവാണെന്ന് വരും അഭാവമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല പിന്നെ എന്ത് പറയും നിങ്ങൾ എന്തിനും പിന്നെ ഭാവം എന്ന് പറഞ്ഞു ഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അഭാവവിലാണ് എന്നർത്ഥം അഭാവിലെന്ന് വെച്ചാൽ പിന്നെ കൂടുതലൊന്നും ചോദിക്കേണ്ട അത് അഭാവവിലാണ് കൂടുതൽ ചോദിക്കേണ്ടതായിരിക്കുന്നു അഭാവിലെ ഭാവം എന്ന് പറഞ്ഞാൽ അത് ഗോണപ്രയോഗം ചിലപ്പം ഞങ്ങൾ അങ്ങനെയും പ്രയോഗിക്കും ഭാവമൊന്നും മുഖ്യാർത്ഥത്തില്ലല്ലോ പ്രയോഗിച്ചു വിനെയോ മുപ്പച്ചൊരാ അതാണ് ഞങ്ങൾ പറയുന്നത് അപ്പോ നിങ്ങൾ പറയുന്ന എന്താണ് ഭാവം ഞാനെന്നിവൃത്തിയല്ല അഭാവവിലക്ഷണം ഞാനൊന്നിവർത്തിക്കണം എന്നുള്ളത് ഭാവമല്ല മനസ്സിലായോ ഭാവം ഞാനിവൃത്യം അല്ല പക്ഷേ ഇത് ഭാവമല്ല വിനയോ അഭാവവിലക്ഷണം അപ്പൊ ഞാനിവൃത്തിയമാകും പ്രീട്ടിയും കാർക്കികൻ ആ കാർക്കികൻ പറയുന്നത് ഭാവവും അഭാവവും എന്നാണ് ഞങ്ങളൊന്നുകൂടെ ചേർത്ത് എന്താണോ അഭാവവിലണം മുട്ടിയ പക്ഷം വയ്ക്കോരും എന്ന് പറഞ്ഞ പോലെയാണ് ചിലപ്പം ഞങ്ങൾ പറയുന്നത് സ്വീകരിക്കേണ്ടി എല്ലാം നിങ്ങൾ പറയുന്നതിനെ സംബന്ധിച്ചാൽ പിന്നെ ചർച്ച നടക്കും കുറച്ചൊക്കെ ഞങ്ങൾ പറയുന്നത് ശരി മൊത്തം ഭൂരിപക്ഷം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നിങ്ങൾ പറയുന്നതല്ലേ അംഗീകരിക്കുന്നു പിന്നെ ഒരു ശതമാനം ഞങ്ങൾ പറഞ്ഞ് അംഗീകരിക്കുന്നതിന് എന്താ പറയാ ഭൂരിപക്ഷം വേണ്ട പോട്ടെ നിങ്ങൾക്ക് ഇരുന്നോട്ടെ ഞങ്ങൾ പറയുന്നു ഒരു ശതമാനം അംഗീകരിച്ചോളെ ഞങ്ങൾ പറയുന്നു അജ്ഞാനം എന്ന് പറഞ്ഞാൽ പാവവിലണം അത് എന്ത് ഞാനും കൊണ്ട് നശിക്കും ാണ് പറയുന്നത് അപ്പോ ഭാവം എന്ന് പറയുന്നതിന് ഭാവം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ലക്ഷണം അസംഭവമാകും എന്തുകൊണ്ട് ഞാനൊന്നും വൃത്തി അല്ലാതെ ആവും അജ്ഞാനം മനസ്സിലായോ ലക്ഷണം പറഞ്ഞത് അനാദിഭാവത്തെ ഞാനൊന്നും വൃത്തിയൊന്നല്ലേ അപ്പോൾ അജ്ഞാനത്തിൽ സംവയിക്കില്ല ഭാവത്തിന് വസ്തുത്വം അർത്ഥം എടുത്താൽ മനസ്സിലായോ അനാദിഭാവത്വസതി ഞാനെന്ന് കൃത്യം എന്ന് പറയുന്നിടത്ത് ഭാവത്വത്തിന് വസ്തുത്വം എന്നുള്ള ഒരു അർത്ഥമെടുത്താൽ രക്ഷണാസംഭവം ലക്ഷണം സമന്വയിക്കത്തില്ല അതുകൊണ്ടിവിടെ പറയുന്നു ഭാവ അഭാവവിലാവവിലണത്വം മാത്രേണ്ണ ഭാവത്വപചാര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അജ്ഞാനം ഭാവ അഭാവവിലാണ് അത് അഭാവവിലാണ് ഭാവവിലാണ് അങ്ങനെ അഭാവമൊന്നും പറയാൻ പറ്റില്ല ഭാവമൊന്നും പറയാൻ പറ്റില്ല അതാണ് അജ്ഞാനം അതെവിടെ ഇരിക്കുന്നു ഇതാ ഇവിടെ ഉള്ളില് ഒരു കോടാലി പോലെ ഉള്ളിലിരിക്കുകയാണ് ഉം ില്ല എന്ന് പറഞ്ഞോ എന്തായാലും അതല്ലേ പറഞ്ഞെന്താണ് ഭാവ അഭാവവില ഏ ശരിയാണോ അല്ലേ അവസാനം നിങ്ങള് തീരുമാനിച്ചാൽ മതി ഏത് അല്ല അവസാനം നിങ്ങൾക്ക് പറയാമല്ലോ അഭിപ്രായം രുസ്സുകാരൻ എന്തോ പറയു ജിസുക പറഞ്ഞേക്കാ നമ്മൾ ശരിയെന്ന് പറഞ്ഞോ പറഞ്ഞോ പിന്നെന്തോ നോക്കാം മരീചിക എന്ന് പറയുന്നതല്ല ഇവിടെ വിഷയം അത് അജ്ഞാനമല്ല മരീചിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശുദ്ധിരേതം എന്നൊക്കെ പറയുന്നതിന് അജ്ഞാനം എന്നല്ല പറയും അത് ഭ്രമം എന്ന് പറഞ്ഞാണോ അത് ജ്ഞാനമാണ് അജ്ഞാനമല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അത് ജ്ഞാനമായി പ്രവസംഗ്രഹത്തിൽ എന്താ പഠിച്ചത് എന്താ പഠിച്ചത് എന്താണ് പഠിച്ചത് അനുഭവം രണ്ടു തരത്തിലുണ്ട് ഇത് യഥാർത്ഥവും യഥാർത്ഥവും യഥാർത്ഥ അനുഭവമാണ് അജ്ഞാനമാണ് ആണോ അത് വേറെ തിരിച്ച് മനസ്സിലാകണം അനുഭവമാണ് രണ്ട് ഒന്ന് യഥാർത്ഥമാണ് യഥാർത്ഥമാണ് യഥാർത്ഥം എന്ന് പറഞ്ഞാലും അതെന്താണ് അനുഭവമാണ് ജ്ഞാനമാണ് അല്ല അജ്ഞാനം എന്ന് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ജ്ഞാനത്തെക്കുറിച്ചല്ല വിനെയോ അജ്ഞാനത്തെക്കുറിച്ചാണ് എങ്ങനെയുള്ള അജ്ഞാനം അജ്ഞോഹം എന്ന് അറിയുന്ന അല്ലെങ്കിൽ ന ജാനാമി എന്ന് നമ്മളറിയുന്ന അജ്ഞാനത്തെക്കുറിച്ചാണ് ജ്ഞാനത്തെക്കുറിച്ചല്ല ഈ അജ്ഞാനം എന്ന് പറയുന്നത് ആകാശകൂടാലി പോലെ ആത്മാവിൽ ഇരിക്കുന്നു എന്നാ പറയുന്നു ഞാൻ മുഴച്ചിരിക്കും കട്ടി പിടിച്ച് അത് ഭാവവുമല്ല അഭാവവുമല്ല എന്നാ ജ്ഞാനം കൊണ്ട് നശിക്കുകയും ചെയ്യും എന്നാ പറയുന്നത് ാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇത് നിങ്ങൾ കൂടുതൽ ആലോചിച്ച് ഈ അജ്ഞാനത്തെ വ്യക്തമായി ധരിക്കാൻ ശ്രമിക്കണ്ട എന്തുകൊണ്ട് ഏ ഇങ്ങനൊരു സാധനമേ ഇല്ല പിന്നെ എങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ ഉണ്ടായിട്ടേ അങ്ങനെ ഒരു അജ്ഞാനം ഉള്ളിയിരിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴും ആരം കഴിക്കുമ്പോഴൊക്കെ അധികം കൂടാക്ക അജ്ഞാനം സെപ്പറേറ്റ് പദാർത്ഥം hmm ab do din means chitsuka tarikh not all ab do din especially here chitsuka tarikh ma tam islesa hmm bhava, abhava, means that is that, hmm, is abhava that, means that, is not baham, not is, that same. hmm, that's, definition ഭാവ അഭാവ വി that മീൻസ് ദഫിനിഷൻ ഇസ് ഭാവ അഭാവ വിലക്ഷണം ദീൻസ് ദോ നോട്ട് ഭാവം നോട്ട് അഭാവം Hmm, ഇസ് ദാർക്കോട്ട് സേ ബോസ് according to them, ം ലക്ഷണ പ്രമാണാഭ്യാം വസ്തുസിദ്ധി വെൻ ലക്ഷണം ഈസ് ദേർ ദൻ ദ് ടു എക്സെപ്റ്റ് ദി പദാർത്ഥം ജസ്റ്റ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് നൗ പ്രമാണംസോ വിൽ ഗീവ് ദൻ ദ ഹ് ടു എക്സെപ്റ്റ് ഇഫ് ദേർ ഇസ് ലക്ഷണം and Pramanam, then they have to accept, no other way. So now, Laksanam is discussing. Okay. If Laksanam is fit for that, then they have to accept, no other way. Suppose, mm. think, mm. Mm. Form, mm. mm. <laughs> hmm. Hmm. Hmm. Hmm. Hmm. Hmm. Hmm. Hmm. Hmm. ത്രൂ ലക്ഷണം പദാർത്ഥം ഇസ് എസ്റ്റാബ്ലിഷ് ഹിയർ ലക്ഷണം ഇസ് എ മീൻ ടു എസ്റ്റാബ്ലിഷ് ദ പദാർത്ഥം ബട്ട് ഇഫ് ഫോർ ദാറ്റ് ദ ഹാവ് ടു ഷോ അവ്യാപ്തി അതിവ്യാപ്തി അസംഭവ ദോഷം ഇൻ ദി ലക്ഷണം If they are unable to prove those doshas in the lakshanam, then they have to accept. Merely telling that, no, we don't accept it, that is not acceptable here. So now, that is why, now, Advaita is discussing based on the doshas. വസ്തു ഏതുമാകാം അഭാവവും അഭാവവും ഒരു വസ്തുവാണ് ഭാവവും ഒരു വസ്തുവാണ് ഭാവത്വത്തിന് വസ്തുത്വം എന്ന് പറഞ്ഞു തന്നെയുള്ളൂ അഭാവവും ഒരു വസ്തുവാണ് പദാർത്ഥമാണ് പദസ്യർത്ഥ പദാർത്ഥ അഭാവവും പദാർത്ഥമാണ് ഇവിടെ പദാർത്ഥത്വല്ല ഇവിടെ ഭാവത്തെ സംബന്ധിച്ച് വസ്തുത്വം കാരണം ഇവിടെ വാക്ക് ഉപയോഗിച്ച് എന്താണ് അനാദിത്വതി ഭാവത്വം അപ്പൊ ഭാവത്വം എന്ന് പറയുന്ന വസ്തുത്വമാണെങ്കിൽ ഇതാണ് ദോഷം അപ്പൊ ഭാവണമെന്ന് പറഞ്ഞു നിങ്ങളുടെ ആരുടെ പക്ഷമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്വൈതികളാണോ അതോ താർക്കിയന്മാരാണോ ഇത് ഇപ്പോ അദ്വൈതികളുടെ സിദ്ധാന്തം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കണം താർക്കികൻ്റെ ഇത് പറയുമ്പോൾ അവരുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കണം എന്നാലേ അതാത് പക്ഷം മനസ്സിലാവും നിങ്ങൾ അദ്വൈതം പറയുമ്പോൾ താർക്കികൻ്റെ പക്ഷത്ത് പോകും പിന്നെ എങ്ങനെ അദ്വൈതം മനസ്സിലാവും താർക്കികൻ്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ചാടി അദ്വൈനിയുടെ പക്ഷത്ത് വരും പിന്നെ എങ്ങനെ അത് മനസ്സിലാവും അത് ശരിയാവത്തില്ല അതാത് പക്ഷത്തു നിന്ന് അത് മനസ്സിലാക്കും എന്നിട്ട് ഇനി അഭിപ്രായം നിങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ലാസ്റ്റിൽ പറയും അവസാനം താർക്കീയം പറഞ്ഞ് ശരിയല്ല അദ്വൈതം പറഞ്ഞ് ശരിയല്ല അദ്വൈതം പറയുമ്പം അദ്വൈതിയുടെ പക്ഷത്ത് ചിന്തിച്ച് മനസ്സിലാവും അദ്വൈതം വരുമ്പോൾ നിങ്ങൾ താർക്കീന്റെ പക്ഷത്ത് പോകണമെങ്കിൽ ഈ പറയുന്നത് മനസ്സിലാകും എങ്ങനെ എങ്ങനെ വാദത്തിന് വേണ്ടി പിന്നെ ഇതിപ്പം ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ് തർക്കീന പൂർണമായും ഖണ്ഡിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കാന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ സമ്പ്രദായ വിരുദ്ധനാകും ചർച്ച ചെയ്യുന്ന സമയത്ത് സംശയരൂപത്തിൽ എന്തെങ്കിലും ചോദിക്കാം ഇങ്ങനെ വന്നാൽ എന്നുള്ളത് ചർച്ച നീട്ടിക്കൊണ്ട് നോക്കത്തില്ല ഏ ഫൈനല് പറയുന്ന അംഗീകരിച്ചേ പറ്റൂ അത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു ബുദ്ധിമാനാണ് അപ്പൊ ഇത് പിന്നെ ക്ലാസ്സില് പറയുമ്പോ മുഴുവൻ അദ്വൈതം പറയുമ്പോൾ മുഴുവൻ ഇതുപോലെ തന്നെ പുള്ളി ചത താർക്കീയനെ കുറിച്ച് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു താർക്കീം പറഞ്ഞാണ് ശരിയാകേണ്ടതെന്നാണ് കാരണം പുള്ളി അദ്വൈതിയല്ല അദ്വൈതത്തിനെതിരുള്ള ആളാണ് പക്ഷേ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കി വിടും ഒരു ദിവസമാണോ അപ്പം പുള്ളിൻ്റെയും ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനുമായിട്ട് തിറക്കിക്കാം വരും അങ്ങനെ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായി ഒരു ധൈര്യമായിട്ട് തർക്കിച്ച കുറച്ച് എക്സ്പീരിയൻസ് എനിക്കുണ്ടായി അത് വെച്ചാൽ നിങ്ങളുടെ ഈ തർക്കമൊന്നും ഒന്നുമല്ല ഏ അതെപ്പോഴും ഉണ്ട് ഋഷി കേശത്തുണ്ട് അല്ല പുറത്തുനിന്ന് ഭാവാഭാവവിലാവാഭാവവിലാണ് അജ്ഞാനം അതിന് അഭാവവിലു മാത്ര ഭാവത്വോപചാരം ഭാവത്വം എന്ന് ഞങ്ങൾ പറയുന്നേ ഉള്ളൂ അത് നിങ്ങൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കരുത് എന്താണ് അതിന്റെ അർത്ഥം അഭാവവിലു മാത്ര ഭാവത്വോപചാര നിങ്ങൾ ഈ ചെറിയ കാര്യങ്ങളെയൊക്കെ ഉടൻ സീരിയസ് ആയിട്ടെടുത്തിട്ടാണ് തർക്കിക്കാൻ വരുന്നത് അതിന്റെ ആവശ്യമുണ്ട് ഉപചാരമാണെന്ന് പറഞ്ഞാൽ ഗൗണമായി പറയുകയാണ് ആത്മവത് അനാദിഭാവത്വേന അനിവർത്തിയത്വ അനുമാന അനുപത്ത നിങ്ങളുടെ അനുമാനവേ ശരിയില്ല കാരണം നിങ്ങൾ ആത്മവത് ആത്മാവിനെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് വിവാദാധിഷ്ഠിതം അജ്ഞാനം അജ്ഞാന നിവർത്തിയം അനാദിത്വസതിഭാവത്വം അതെന്നൊരു അനുമാനം നടത്തിയില്ലേ ഇതിലൂടെ ഒന്നും സാധിക്കാൻ പോകുന്നില്ല അനാദിഭാവത്വേന അനിവർത്തിയത്വ അനുമാന അനുപത്യ അനിവർത്തിയത്വം നിങ്ങൾ അനുമാനത്തിലൂടെ സിദ്ധിക്കാൻ പോയത് ശരിയല്ല അസിദ്ധമാണ് എന്നാരും പറയുന്നു അദ്വൈതി ആരോട് പറയുന്നു ആർക്കേണ്ട തർക്കിന്റെ അനുമാനം താഴെ കൊടുത്തിട്ടുണ്ട് എച്ച് അനാദിത്യസതി ഭാവരൂപം തത് അനുവർത്തിയും യഥാത്മാ എന്റെ വ്യാപ്തി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അനുമാനമായിട്ടുള്ളത് അങ്ങനെ അനുമാന രൂപത്തിലാക്കി ഞാൻ പറഞ്ഞാണ് വിധേ മാന അസംഭവ യഥ പ്രമാണം പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി അതും കൊണ്ട് മടക്കി വെക്കുക പ്രമാണം ലക്ഷണം ലക്ഷണം പറഞ്ഞു കഴിഞ്ഞു ഇനി പ്രമാണം പറയാം പ്രമാണത്തിനാ പാട് എന്താ എന്താ പ്രമാണം ശ്രുതി അവസാനം അനുമാനം അനുമാനമുണ്ട് പ്രമാണം ഞങ്ങളുടെ ആര് പറയുന്നു എന്തു ഈ അനുമാനം എന്ന് പറയുന്നത് മോഡേൺ സയൻസ് സ്വീകരിക്കുന്നുണ്ട് ഇൻഫ്ലറൻസ് ചില കാര്യങ്ങളിലൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട് അവർ പറയുന്നത് ഈ ഇൻഫ്ലറൻസിലൂടെ ഞങ്ങൾ എന്തോ ഒരു മഹത്തായ കാര്യം ചെയ്യുന്നു എന്നാണ് വാസ്തവത്തിൽ ഇവരുടെ ഈ അനുമാനം കണ്ടു കഴിഞ്ഞാൽ അവർ തലകറങ്ങി താഴെയിരിക്കും അല്ലേ അവരുടെ അനുമാനം എന്ന് പറയുന്നത് വേറെ ഊഹമാണ് ചില കാര്യങ്ങളിൽ മോഡേൺ സെൻസിലും പറയും അനുമാനത്തെ പറയും വേറെ ഊഹം അനുമാനം എന്താണെന്ന് ശരിക്കും അവർക്കറിയാമോ അപ്പോൾ ശരിക്കും അനുമാനം എന്ന് പറയുന്നത് ഇതാണ് ഇതാണെങ്കിലോ അത് ഒന്ന് ദഹിച്ചു വരണമെങ്കിൽ തന്നെ കാലം പിടിക്കും ഒരനുമാനം ഇപ്പൊ ഈ പറയാൻ പോകുന്ന അനുമാനം തന്നെ ഇത് മൊത്തം ഒന്ന് ദഹിച്ചു വരണമെങ്കിൽ നിങ്ങളുടെ ടൂറ് കഴിഞ്ഞ് അനുഭവം നടക്കില്ല എന്നിട്ട് അത്രയും സമയം വേണ്ടിവരും നവം വിധേ മാനാസംഭവ യഥ എന്തുകൊണ്ടാണ് സിദ്ധാന്തി പാടിക്കഴിഞ്ഞാൽ എന്താണ് സിദ്ധാന്തമാണ് ദ്രമാ പ്രമാഭാവാതിരേകിണ അനാർധ്വംസിമാ അവിഗീത പ്രമാ ഇത് ഒരു ക്ലിഷ്ഠമായ അനുമാനത്തെ ഒരു വളരെ മനോഹരമായ ശ്ലോകരൂപത്തിൽ അവതരിപ്പിക്കുക അതാണ് ഗ്രന്ഥകാരൻ്റെ കഴിവ് എന്ന് പറയുന്നത് അത് ഇങ്ങനെ ശുഷ്കമായ തർക്കത്തിൽ മാത്രമല്ല രസികമായ സാഹിത്യത്തിലും ഉള്ള എന്ന് അതാണ് ഇതൊരു പാട്ടിലൂടെ അതുമാത്രം കൊണ്ട് കാര്യം ലയിക്കത്തില്ല അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന കൂടെ വായിക്കുന്നത് നല്ല അനുമാനം ശരിയാവാത്തുള്ളൂ വിഗീതം നിഷ്ഠപ്രമാണജ്ഞാനം ദേവദത്ത നിഷ്ഠപ്രഭാഭാവ അതിരിക്ത അനാഥേർ നിവർത്തകം പ്രമാണത്വാ യജ്ഞദത്താധികത പ്രമാണജ്ഞാനവത് ഇത് പാട്ടാക്കിയതാണ് ഞാൻ പറഞ്ഞൊരു വലിയ കഴിവാണെന്ന് അല്ലേ ഈ പാട്ടാക്കിയത് പാടാൻ നമ്മൾ വിചാരിച്ചിട്ട് നടക്കുന്നില്ല അപ്പോ ആ പാട്ടാക്കി ആളുടെ കഴിവ് ഇവിടെ ഞാൻ ശ്രോകം വായിച്ചിട്ട് ഒരാളും നേരെ വായിച്ചായിട്ട് ഞാൻ കേട്ടില്ല പ്രഹമാമാമി എന്നൊക്കെ പറഞ്ഞല്ലാതെ ആ ഉണ്ടുണ്ട് വ്യകരണവും ഇതുപോലെ കൗസ്തുഭം പദ്യം മുഴുവൻ പാട്ടാണ് ദേവദത്ത പ്രമാത്ത പ്രമാഭാവാതിരേഖിണ അനർധംസി മാ അവിഗീത പ്രമാ ഇത് പഠിച്ചോണ്ടിരുന്നപ്പോൾ ഉള്ള ഒരു രസകരമായ കാര്യം ഓർക്കെയാണ് ഒരു സ്വാമി ഉണ്ടായിരുന്നു ചെറുപ്പം അന്ന് ഞാനും ചെറുപ്പമാണേ ചെറുപ്പക്കാരൻ ഈ ചെറിയ ചെറിയ ചില മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാനസികം വേറൊന്നുമില്ല ചിലപ്പോൾ തോന്നും നമ്മുടെ തോന്നുന്നു പറയും ഈ ജീവിതത്തിൽ യാതൊരു കാര്യവും ഇല്ല ഇതെല്ലാം ഗംഗയിൽ അവസാനിപ്പിക്കണം പിന്നെ ഞാൻ ഈ ആധ്യാത്മിക ജീവിതത്തിലേക്കും സന്യാസത്തിലേക്കും വന്നതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് സംസാരിക്കും ഞങ്ങൾ സമാധാനിപ്പിക്കും ആൾ പോകും ആൾ കുറച്ച് ബുദ്ധിമാനുമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഒരു സ്ത്രീ ശ്ലോകം ഇത് പഠിപ്പിച്ചു പഠി ക്ലാസ് കഴിഞ്ഞ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ പുള്ളിക്കറിയാൻ കുഴപ്പമാണ് ചില തകരാറുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വന്നതും നിങ്ങളുടെയെല്ലാം സാമീപ്യവും ഇതും കൊണ്ട് ഇങ്ങനെ പോകുന്നു പക്ഷേ ഇനി ഇതിലിങ്ങനെ പോകാൻ പറ്റത്തില്ല ഞാൻ ഇന്നോട് ഇത് അവസാനിപ്പിക്കുക ഇതോടുകൂടി ഞാനിത് അവസാനിപ്പിക്കുക ഇതിനി മുമ്പോട്ട് പോയാൽ പിന്നെ ഞാൻ ഈ ജീവിതത്തിൽ വന്നത് തന്നെ വ്യർത്ഥമായി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി വിഗീതം ദേവദത്ത നിഷ്ഠപ്രമാണജ്ഞാനം പക്ഷം ഇതിന്റെ പ്രമാണജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രമാ എന്നിടത്തോളം അതീ ആചാര്യന്മാർ പ്രമാണം പ്രമ ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രപൂർവത്തിലുള്ള മാങ് മാനേ ശബ്ദേച്ച എന്ന് പറയുന്ന ധാതുഹൂത്ത് കരിയിലുള്ളതാണ് പ്രമിമീതേ നിങ്ങൾ പഠിച്ചോന്നറിയത്തില്ല ആ ധാതുവിൻ്റെ കൃത്യം ലുട്ടോ ബഹുളം എന്നുള്ള സൂത്രം അനുസരിച്ച് ലുട്ട് ബഹുളാർത്ഥത്തിൽ പ്രമാണം എന്ന് വരും ഇതേ അർത്ഥത്തിൽ തന്നെ ആതോ ഉപസർഗേ അങ് ആദന്ദധാതു ഉപസർഗോധമായിരിക്കുമ്പോൾ അങ് പ്രത്യം വരും അങ് വന്നു കഴിഞ്ഞാലും ആതോലോ പേടിച്ച് ആകാരം ലോപിച്ച് പ്രമാ അപ്രത്യ ആകാരം വന്ന് ആരാദ്യ ദാക്കു കഴിഞ്ഞാൽ പ്രമാം വരും അത് സ്ത്രീ അധികാരത്തിലാണ് സ്ത്രീയാങ് തിന്നു പറയുന്ന അധികാരത്തിലാണ് അങ് വരുന്നത് ഭാവിയെ അകർത്തിരിച്ച കാര്യ സജ്ഞായ അങ് വരുന്നത് ലുട്ട് വരുന്നതിനാണെങ്കിൽ പിന്നെ ആരുടെയും സഹായം വേണ്ട കൃത്യം ലുഡോ ബഹുളം രണ്ട് രൂപത്തിലായാലും പ്രമാ എന്ന് പറഞ്ഞാലും പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് പ്രമാജ്ഞാനം തന്നെയാണ് പക്ഷെ പ്രമീയത അനേന കർണാർത്ഥത്തിൽ വരുന്ന പ്രമാണമാണ് നമ്മൾ സാറിന് ഉപയോഗിക്കുന്നത് അതെന്തുകൊണ്ട് വന്നു കൃത്യം ലുഡോ ബഹുളം അതുകൊണ്ട് ഇവിടെ ഇത് മനസ്സിലാവണമെങ്കിൽ ആദ്യം പ്രമാണമെന്നുള്ളതിനെന്താക്കി മാറ്റണം പ്രമാകണം ഇപ്പം വിഗീതം എന്ന് വെച്ചാൽ വിവാദാസ്പദം നിഷ്ടപ്രമാ ജാനംെന്ന് പ്രമാരൂപം ജ്ഞാനം എന്നുള്ള ഇനി സാധ്യം ദേവദത്ത നിഷ്ഠപ്രമാ അഭാവ അതിരിക്ത അനാഥേർ നിവർത്തകം നിവർത്തകത്വം സാധ്യം ഇവിടെയും ഒരു ചെറിയ മാറ്റം വരുത്തി വേണം മനസ്സിലാക്ക എങ്ങനെ ദേവദത്ത നിഷ്ഠപ്രമാഅഭാവം എന്നുള്ളത് ദേവദത്ത നിഷ്ഠപ്രമാഭാവം എന്ന് മനസ്സിലാക്കാം അർത്ഥം അങ്ങനെ മനസ്സിലാകുന്നു ദേവനദത്തനിഷ്ഠ പ്രമാ പ്രാഗഭാവ അതിരിക്ത അനാദേ നിവർത്തകം ഇതിൽ ഇത് രണ്ടും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനുമാനം മനസ്സിലാക്കുന്നതിന് പ്രയാസം വരത്തില്ല നിവർത്തകത്വം സത്യം പ്രമാണത്വ എന്നുള്ളതിനും മാറ്റം വരുത്തുന്നു എങ്ങനെ പ്രമാത്വ ഹേതു പ്രമാത്വം നിഷ്ടാന്തം യജ്ഞദത്താധികത പ്രമാണജ്ഞാനവത് അവിടെയും മാറ്റം വരുത്തണം എങ്ങനെ യജ്ഞദത്താധികത പ്രമാ ജ്ഞാനവത് ജനമാണ് ഇത്രയും പ്രമാരൂപ ഞാനം പ്രമാവത് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ജ്ഞാനമെന്ന് പറയാൻ കാരണം പ്രമാണം എന്ന് പറയുന്നിടത്ത് ജ്ഞാനമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ പ്രമാണം കരണത്തെ എടുക്കും കരണമെന്ന് പറയുമ്പോൾ ഇന്ദ്രിയമാകാം അതുകൊണ്ടാണ് പ്രമാണ ജ്ഞാനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ടത് പ്രമേയാണ് ഈ ഗ്രന്ഥത്തിൽ പല സ്ഥലത്തും ഇങ്ങനെ പ്രയോഗിക്കത്തുള്ളൂ പ്രമാക്കി പോരെന്ത് പറയും പ്രമാണം എന്നാ പിന്നെ പ്രമാ പറഞ്ഞാൽ പോലെ എന്ന് ചോദിച്ചാൽ അത് പറയത്തില്ല അവരുടെ ഒരു ശൈലി എന്ന് പറയില്ലേ അവരുടെ ശൈലി അങ്ങനെ പറയും അവർക്കും പ്രശ്നമില്ല അവരുടെ ശിഷ്യന്മാർക്കും പ്രശ്നമില്ല നമ്മളാണ് വെള്ളം കുടിക്കുന്നത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി വ്യാഖ്യാതാവും പ്രമാണവും പറയത്തുള്ളൂ അതാ കുഴപ്പം അതാണ് പിന്നെ ഹിന്ദി ആണെങ്കിൽ അത് അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു ഉപയോഗവും വിഭക്തികൾ ഹിന്ദിയിലാക്കി എന്നുള്ളതേ അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം വരത്തില്ല അപ്പൊ ഇതാണ് പാട്ടാക്കി എങ്ങനെ ദേവദത്ത പ്രമാ എന്ന് പറയുന്നത് എന്തോന്ന പക്ഷം പക്ഷത്തെയാണ് പറഞ്ഞത് തസ്ത പ്രമ അഭാവ അതിരേകിണ അനാതീർധ്വംസിനി തസ്ത എന്ന് പറഞ്ഞാൽ ദേവദത്ത നിഷ്ഠ പ്രമാഭാവം എന്ന് പറഞ്ഞാൽ പ്രമാപ്രാഗഭാവ അതിരേകിണ എന്ന് അനാദേഹെ ധംസിനി എന്ന് പറഞ്ഞ നാശകം ഏതുണ്ട് വിശേഷണം അനാദേഹി ഷഷ്ടി അനാദിയുടെ നാശകം അനാദിയുടെ ആ അവിടെയാണ് പ്രശ്നം അനാദി എന്ന് പറയുന്നതാണ് എന്ത് സാധനം അജ്ഞാനം അതിൻ്റെ നിവർത്തകം ഒന്നാണ് എന്താണെന്നിവിടെ പറഞ്ഞില്ലല്ലോ അതാണ് പറഞ്ഞത് എന്താണ് തസ്ത പ്രമാഗാവ അതിരേഗിണ അനാദേഹെ ധംസിനി ആ ദേവദത്തനുള്ള പ്രമയുടെ പ്രാഗഭാവത്തിൽ നിന്നും അതിരിക്തമായ ഒരനാദിയായ അജ്ഞാനത്തിന്റെ നവർത്തകം ഏത് അല്ല അജ്ഞാനത്വത്തിന് പറയുന്നു അജ്ഞാനം എന്ന് അജ്ഞാനധംസിനി എന്നാണ് പറയേണ്ടത് അനോരമെന്ന് പറഞ്ഞു ദേവതത്വ നിഷ്ഠമായ പ്രമയുടെ പ്രാഗഭാവത്തിൽ നിന്നും ഭിന്നമായ അനാദിയായ ഒരു സാധനത്തിൻ്റെ നിവർത്തകം ആ സാധനമാണ് എന്തോന്ന് നിവർത്തിപ്പിക്കുന്ന എന്തോന്ന് ഞാനും ഇത് മനസ്സിലാക്കിയാൽ പിന്നെ സംഗതി ഓക്കെ പിന്നെ മത്വാദ് പ്രമാത്വാദ് പ്രമേയിൽ പ്രമാത്വം ഉണ്ടല്ലോ അവിഗീത പ്രമാ യഥ അവഗീത പ്രമേയമാണ് ഇവിടെ ദൃഷ്ടാന്തത്തിൽ പറഞ്ഞ എന്താണോ യജ്ഞത്വാധികത പ്രമാജ്ഞാനവ യജ്ഞദത്തലിരിക്കുന്ന പ്രമാജ്ഞാനത്വ പോലെ അത് വിശദീകരിക്കും ഇത്രയും മനസ്സിലായാൽ മനസ്സിലാക്കാൻ പ്രയാസം വിഗീതം വിവാദ അസ്പദം ദേവദത്തനിഷ്ഠ ദേവദത്തന്റെ പ്രമാണം ഇവിടെ രണ്ടുപേരാണ് ദേവദത്തനും യജ്ഞദത്തനും ഞാൻ ദേവദത്തം നിങ്ങളെല്ലാവരും യജ്ഞദത്തന്മാരും യജ്ഞദത്തകളുമാണ് അപ്പൊ ബാക്കി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും മനസ്സിലായേ അപ്പൊ പ്രമാജ്ഞാനം എന്നുവെച്ചാൽ എന്നിലിരിക്കുന്ന പ്രമാജ്ഞാനം ദേവദത്ത നിഷ്ഠ എന്നിലുള്ള പ്രമാപ്രാഗഭാവത്തിൽ നിന്നും അതിരിക്തമായ എന്നിൽ തന്നെ ഇരിക്കുന്ന അനാദിയായ മറ്റേ സാധനം എന്താണ് അജ്ഞാനം ഉള്ളിലിരിക്കുന്ന അതിൻ്റെ നിവർത്തകമാണ് മാത്വ അത് എന്നൽ പ്രമേയുണ്ടല്ലോ അതുകൊണ്ട് എന്നുള്ള ആ പ്രമേലെന്തോണ്ട് പ്രമാത്വമുണ്ട് ഇനി നിങ്ങളുടെ കാര്യമാണ് യജ്ഞദത്താധികമാണ ജ്ഞാനവത് നിങ്ങളെല്ലാം എന്തുകൊണ്ട് പ്രമയുണ്ട് അത് അഭിപ്രായ ആ പ്രമ എന്ന് പറയുന്നത് എന്നിനിരിക്കുന്ന പ്രമയുടെ പ്രാഗഭാവത്തിൽ നിന്നും ഭിന്നമായ അനാദിയായ ഒരു സാധനമുണ്ട് നിങ്ങളെന്താണ് ഏതാ എന്നിലിരിക്കുന്ന പ്രമയുടെ പ്രാഗഭാവത്തിൽ നിന്നും ഭിന്നമായ അനാദിയായ ഒരു സാധനം നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ട് എങ്ങനെ ആ അത് തന്നെ നിങ്ങളിലിരിക്കുന്ന പ്രമേയുടെ പ്രാഗഭാവം അല്ലേ നിങ്ങളിലിരിക്കുന്ന പ്രമേയുടെ പ്രാഗഭാവത്താണെന്ന് പറയുന്നത് യജ്ഞദത്വാധികത നിങ്ങളിലിരിക്കുന്ന പ്രമാജ്ഞാനത്തിൻ്റെ പ്രാഗഭാവത്തെ നിങ്ങളിലിരിക്കുന്ന പ്രമേയന്തെയും നശിപ്പിക്കും അതിഷ്ടാന്തമാണ് നിങ്ങളിലിരിക്കുന്ന പ്രമയുടെ പ്രാഗഭാവത്തെ നിങ്ങളിലിരിക്കുന്ന പ്രമ നശിപ്പിക്കുന്നതുപോലെ എന്നിലിരിക്കുന്ന പ്രമയുടെ പ്രാഗഭാവത്തിൽ നിന്നും ഭിന്നമായ ഒരു സാധനത്തിന് എന്നിലിരിക്കുന്ന പ്രമ നശിപ്പിക്കും അതിന്റെ പേരാണെന്ത് അജ്ഞാനം